രാത്രി അവൻറെ മേൽ ഇരുളിയപ്പോൾ അവനൊരു നക്ഷത്രത്തെ കണ്ടു അവൻ പറഞ്ഞു ഇവനാണ് എന്റെ രക്ഷിതാവ് എന്നാൽ അത് അസ്തമിച്ചപ്പോൾ അവൻ പറഞ്ഞു അസ്തമിച്ചു പോകുന്നവയെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല